മാനവജീവിതത്തെ വികലമാക്കുന്നത് തന്നെയാണ് അതൊന്നും നിങ്ങൾക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാര്യയും ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലവ് പോകുന്ന വ്യതിയാനം ഉള്ളവ വ്യതിയാനം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് വ്യതിയാനം ഇല്ലാത്തവെങ്കിൽ വ്യതിയാനം ഇല്ലെന്ന് പറയുന്നതും സത്യമാണ് വ്യതിയാനം ഉണ്ടായിരിക്കും വ്യതിയാനം ഇല്ലെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് കള്ളമാണ് നിങ്ങൾ പറയും ഇതൊക്കെ പറഞ്ഞാൽ മൂക്കി എത്തുമെന്ന് മൂക്കി സത്യം പറഞ്ഞിട്ടാണ് എത്തുന്നതെങ്കിൽ ഒരു സുഖമുണ്ട് നിങ്ങളോട് പറഞ്ഞ പോലും അനുഗ്രഹവും ത്രൈണ ഹോർമോണുകളുടെയും പുരുഷ ഹോർമോണുകളുടെയും ഒക്കെ പ്രവർത്തന മണ്ഡലമായ ശരീരം സ്ത്രീലും പുരുഷനിലും എല്ലാം ഒരു ചിന്തയും ഒരു കാഴ്ചയും ഒരു ഗൾവിയും ഒരു ചലനവും വരെ ഈ ഹോർമോണുകളുടെ ആന്തോളനങ്ങളിൽ പരിണാമങ്ങളുടെ വേദിയേറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഈ വ്യതിയാനം അനുവദിച്ചു പ്രകൃതിയുടെ രീതിവിധാനത്തോട് നീതി പുലർത്തി വേണം ആരോഗ്യം കാാംസിക്കുന്നവൻ ജീവിക്കാൻ യഥാഗതവും നിയതവുമായ ജീവിത ചക്രവാളം ആഗ്രഹിക്കുന്നവൻ ജീവിക്കാൻ യഥാഗതവും നീതിപൂർവവും എന്നത് രണ്ടിൻവേട്ടർ കോഞ്ഞാൽ ബാല്യം ബാല്യമായും കൗമാരം കൗമാരമായും യൗവനം യൗവനമായും വാർദ്ധക്യം വാർദ്ധക്യമായും നിയതമായി ജീവിച്ചൊരു നൂറ് വയസ്സ് കഴിഞ്ഞു മരിക്കാൻ ആഗ്രഹിക്കുന്നവൻ യൗവനവും വാർദ്ധക്യവും എല്ലാം ശൈശവത്തിൽ തന്നെ അനുഭവിച്ചു തീർത്ത് തീർത്ത് ജീവിതത്തിന് അർത്ഥവും അർദ്ധാന്തരന്യാസവും ഇല്ലെന്ന് കണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ അങ്ങനെ ജീവിക്കണമെന്നില്ല ഇനി മനസ്സിലായില്ല പിടിയിട്ടില്ല അതുകൊണ്ടായി പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സും എത്തുമ്പോ എൺപത് കാരൻ്റെ പോലെ ഹൃദയം പിടിക്കുന്നത് എഴുപത് വയസ്സിലെത്തിയിട്ടും പതിനാറുകാരൻ്റെ പോലെ ഹൃദയം മിടിക്കുന്നവരുണ്ട് മനസിലായില്ല അങ്ങനെ മിടിക്കണമെങ്കിൽ മര്യാദക്ക് ജീവിക്കണം ആ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു എൺപത് കാരൻ ഒരു പതിനാറുകാരനെയും കയറ്റി ഹോസ്പിറ്റലിന്റെ ആറാമത്തെ നിലയിലേക്ക് അവന്റെ അച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് കുറച്ചു നേരം നിൽക്കും സാറേ ഇപ്പൊ എന്തു പേര് ആ ലിഫ്റ്റ് ഇപ്പൊ ലിഫ്റ്റ് വരും സാറേ ചെറുപ്പല്ലേ എന്ന് പറഞ്ഞ് ഈ എൺപത് കേരൻ പിടിച്ച് വലിച്ച് ചാടി ഓടി മോളിലോട്ട് കേളുമ്പോ ഇവൻ രണ്ടേള കഴിയുമ്പോഴേക്ക് പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്ന നിലയിലേക്ക് വന്നെങ്കിൽ ഇവന്റെ ഹൃദയത്തിന്റെ പ്രായം വളരെ കൂടുതലാണ് മറ്റവൻ ഓടിച്ചാടി മോളിച്ചെന്ന് ആളിനെയും കണ്ട് കതപ്പില്ലാതെ വർത്തമാനവും പറഞ്ഞ് ചടന്ന് ചാടി ഇറങ്ങി താഴേക്ക് വരുമ്പോ അവന്റെ ഹൃദയത്തിന്റെ പ്രായം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മീറ്റർ ആണ് നല്ല തിളച്ച് നിക്കുകയാണ് അദ്ദേഹത്തിന്റെ പമ്പിങ് ഒക്കെ വളരെ കറക്റ്റാണ് ഇതിന് രൂപയൊന്നും കൂടുതൽ കൊടുത്ത് ട്രെഡ്മില്ലിലൊന്നും കയറണ്ട നോക്കിയാൽ മതി ശരിയല്ല ഒരു കുടം വെള്ളം എടുത്തോണ്ടെന്ന് ഓന്ന് നോക്കിയാൽ മതി വീട്ടുകുറ്റത്ത് നിങ്ങൾ ടാപ്പ് കിട്ടി രണ്ട് യാത്രഞ്ചാടി നോക്കിയാൽ മതി മുകളിലോട്ട് മോള് വരെ എത്തോന്നു ചിലപ്പോ ആഴ വരും അപ്പോഴീസും ചുടങ്ങിയൊന്നും ഉണ്ടാവില്ല ഈ തേച്ച് വടി പോലെ ഇട്ട് സത്തിന്റെ വടിയും ഉണ്ടാവില്ല ഇട്ട പൗഡറിന്റെയും മിനുക്കവും ഉണ്ടാവില്ല ചിലപ്പോ താഴെ വന്നാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ സെന്റിന്റെ മണവും പോകും ഭാഷ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്ക് അത്രത്തോളം ഒക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ജീവിതായോധനത്തിന്റെ ഗൗരവം അറിയുന്നത് സൈറ്റോളജിയുടെ അന്തരന്ദ്രിയ പഠനങ്ങളിൽ തന്നെയാണ് അപ്പൊ ഈ ക്രോമസോമൽ അതുണ്ടാക്കുന്ന സ്ത്രീ പുരുഷ സ്വഭാവങ്ങൾ അതിൻ്റെ പരിണാമഭേദങ്ങൾ വിഭജനത്തിൻ്റെ നാലാം ഘട്ടത്തിൽ ബീജഭാഗ അവയവത്തിൽ അർബുദ കോശങ്ങൾ ഉണ്ടെങ്കിൽ ഓങ്കോജീൻസ് പ്രകൃതിയ വാർദ്ധക്യം പോലൊരു വാർദ്ധക്യം നേരത്തെ വന്ന് അപജയത്തിൻ്റെ ലോകങ്ങളെ നേരത്തെ സൃഷ്ടിക്കുന്നതും ഇതാണ് മൂന്നാം ഘട്ടത്തിൽ നാം കാണുന്നതെങ്കിൽ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നാലാം ഘട്ടം സൈറ്റോമോറിസത്തിന് അപ്പുറം നാലാം ഘട്ടം അർബുദം എന്നൊരു പഠനം കൂടെ വേണ്ടിവരും അപ്പോൾ ഇൻവിട്രോ പഠനങ്ങളിലെ കോശ സ്വഭാവവും ഇൻവൈവോ കോശ സ്വഭാവവും ശ്രദ്ധിച്ചാൽ ആ കോശങ്ങൾ വ്യത്യസ്ത സ്വഭാവം കാട്ടുന്നില്ല എന്ന് കാണാം ഇത് ഹാഫ്ലിക് നന്നായി നമുക്ക് തന്നിട്ടുണ്ട് ഹേഫ്ലിക്കിനെ ഉദ്ധരിച്ചാൽ രണ്ടു പഠനങ്ങളും തമ്മിൽ അദ്ദേഹത്തിന്റെ വാക്ക് അതുപോലെ അതിന് വിപരീതമായ ഒരു എവിഡൻസും ഞാൻ കണ്ടില്ല എന്നു ഈവൻ ദിനോമിനൻസ് oncogenesis in vivo has its in vitro counterpart we have many kind of studies ഏറ്റവും അതിரிகമായ പഠനങ്ങളിൽ ഒന്ന് ഓങ്കോജെനിസിസിൽ ഇൻവിവോ പഠനങ്ങൾക്ക് സമാന്തരമായ पूരകമായ ഒരു പഠനം ഇൻവിട്രോയിലും ഉണ്ട് ಅದുകൊണ്ട് പതോളജിക്കലായി പഠിച്ചാൽ എല്ലാ അത്ഭുതവും ഒരു പ്രായമാവല ചെറിയൊരു കുസൃതി പറഞ്ഞാൽ ചെറിയൊരു കുസൃതി പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അമ്മയാണ് എന്ന നിലയിലുള്ള യൗവനം കുഞ്ഞിനെ മുലപ്പാലൂട്ടിയാണ് വളരേണ്ടത് ശരിയല്ല ആ പാലൂട്ടാതെ കുഞ്ഞിനെ വളർത്തുമ്പോൾ അത് തിരിച്ച് തൻ്റെ കോശ കോശാന്തരങ്ങളിലേക്ക് ഏതു അകാലമായൊരു വാർദ്ധക്യത്തിലേക്ക് ആ കോശങ്ങളെ ആ പ്രകൃതം കൊണ്ടുപോകുമോ ചോദ്യം മനസ്സിലായില്ല യൗവനം നിലനിർത്താൻ വേണ്ടി അവർ യൗവനം നിലനിൽക്കുന്നത് പ്രസവിക്കാതിരുന്നാലാണ് പ്രസവിച്ചു കഴിഞ്ഞു ക്രോമസോമുകളെല്ലാം പ്രവർത്തിച്ചു കോശങ്ങൾ പ്രവർത്തിച്ചു പാല് പരിണമിച്ചുണ്ടായി ഉണ്ടായ ക്ഷീരമാണ് അത് കുഞ്ഞ് നൊട്ടിക്കുടിക്കുമ്പോൾ മാതൃത്വത്തിൻ്റെ സങ്കലിത സംസ്കാരങ്ങൾ മസ്തിഷ്കത്തിൽ ആവേഗത്തെ ഉണ്ടാക്കുമ്പോൾ സമാന്തരങ്ങളായ ആയിരം എൻസൈവുകളും ഹോർമോണുകളും തല അതായത് മസ്തിഷ്ക പര്യങ്കാതര ദേശം നിർദ്ദേശിച്ചു ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോശവിഭജനത്തിൻ്റെയും കോശ രംഗവേദികളിൽ അവ ഇടപെടുമ്പോൾ അവളുടെ മാതൃത്വം പുതിയൊരു നവ്യമായ ലോകത്തേക്ക് അവളെ കൊണ്ടുപോകും മറിച്ച് അത് കുടിക്കാതിരിക്കുമ്പോൾ അവളുടെ മസ്തിഷ്കത്തിൽ ചാലക ശക്തികൾ അവ കോശത്തെ ദ്രവിപ്പിക്കുന്നതും നശീകരിക്കുന്നതുമായ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ അവളൊരു അകാല വാർദ്ധക്യത്തിലേക്ക് വഴുതി വീടും നോ ഒരെച്ച് അമ്മമാരാരെങ്കിലും ഒന്ന് രണ്ടുപേരുണ്ടാവും എന്ന് ചേരിക്കട്ടെ ചോദ്യം ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് അബദ്ധമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം മകനോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായി മസ്തിഷ്കത്തിലൊരു പിടിവലി ഉണ്ടാക്കുന്നതൻ്റെ ഒരു കുട്ടി ഒരു കൈക്കുഞ്ഞ് തൻ്റെ മുലനൊട്ടി നുണയുന്നത് പല്ലില്ലാത്ത മോണയുടെയും തൻ്റെ നാവിൻ്റെയും ഇടയിൽ വെച്ച് നൊട്ടി നുണയുന്നൊരു വേളയിൽ ആ അവയവത്തെക്കാളേറെ മസ്തിഷ്കത്തിൻ്റെ ചാലകശക്തികളിൽ എന്തെല്ലാം ഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും അത് ഏതെങ്കിലും വൈബ്രേറ്ററിന് ഏതെങ്കിലും പ്രവർത്തനത്തിന് നിങ്ങളുടെ മസ്തിഷ്ക പര്യങ്കാതര ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ആ ചാലകശക്തി ഉണ്ടാക്കി നിങ്ങളുടെ എൻസൈമുകളെയും നിങ്ങളുടെ ഹോർമോണുകളെയും പൂർണതയിലേക്ക് വളർത്താൻ കഴിയുമോ കാവ്യഭാവനയുള്ള കാലാകാലമായി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരനുഭവിച്ചൊരു സുഖമുണ്ട് അന്ന് കൊടുക്കുന്ന രീതിയിൽ കൊടുത്ത ആ സുഖം അനുഭവിച്ചപ്പോൾ ഒരുപാട് എൻസയും ഉണ്ടാവും അത് കാവ്യഭാവനെ ശാസ്ത്രമാണ് ഒരായിരം എൻസയും ഉണ്ടാവും ടി വിയിൽ ഒരു പുരുഷനോ സ്ത്രീയോ ഒരു സംഭോഗ ശൃങ്കാരത്തിൻ്റെ ദൃശ്യം കാണുമ്പോൾ അയാൾ വൈകാരിക തലങ്ങൾ മസ്തിഷ്കത്തിലുള്ള ആളാണെങ്കിൽ ആയിരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ശങ്കരൻ ശതശ്ലോകി ഉദാഹരണം സൃഷ്ടി ശൂന്യതയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരൻ ഒന്നാന്തരം ദൃഷ്ടാന്തം പറയുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവന് സ്ഖലനമുണ്ടാകുന്നതാണ് സ്വപ്നത്തിൽ കണ്ട സ്ത്രീയോടൊപ്പം രമിച്ചിട്ട് രാവിലെ ഏക്കുമ്പോൾ നനഞ്ഞുകിടക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ഇല്ലാത്ത സ്ത്രീയും ഇല്ലാത്ത ചേർച്ചയും ഉള്ള സ്ലനവും കാണുമ്പോൾ ഈ ലോകം സൃഷ്ടിക്കപ്പെടാൻ ശൂന്യത മതിയാവുമെന്ന് ആർക്കാണ് അറിയാത്തത് ഞാൻ ശങ്കരനെ കൂട്ടിയത് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളെ ഒളിഞ്ഞു നോക്കാതിരിക്കാനാണ് പുസ്തകം സതശ്ലോകി ശാസ്ത്രപഠനങ്ങൾക്ക് അതിർത്തികളില്ലായെന്ന് കാണിച്ച ഭാരതീയ പൈതൃകത്തിൻ്റെ അത്യന്ത വാസുരങ്ങളായ രോഗങ്ങളെ സൃഷ്ടിച്ച ശങ്കരന്റെ ശതശ്ലോകിയിലെ ഉദാഹരണമാവർ അവിടെ എവിടുന്നാണ് ഈ സ്രവം സിനിമാ സ്ക്രീനിൽ ഇതുപോലെ നിങ്ങളിരുന്ന് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സ്ക്രീനിൽ പടമായി രംഗപ്രവേശം ചെയ്യുന്ന മിസ്കുമാരി ക്യാൻസർ വന്ന് കിടക്കുമ്പോൾ ഓപ്പറേഷനും കീമോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞ് മരണത്തെ പുൽകാൻ കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ വേദനകളും യാദനകളും കുട്ടിയുടെ വേദനകളും യാദനകളും കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ജലമുണ്ടായത് എങ്ങനെയാണ് മനസ്സിലായില്ല ആ ജലം നിങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്യാൻസറിനെ ആവാഹിച്ചു ബോധതലങ്ങളിലേക്ക് കേറ്റിയിരുന്നുവോ ഇല്ല ഇല്ല ഇല്ല നായകനോടും നായികയോടും സങ്കൽപ്പങ്ങളിൽ സമഞ്ജസമായ ചേർച്ച പുലർത്തുന്ന നിങ്ങൾ ആ ആൾ ഞാനാണ് എന്ന ബോധത്തിലാണോ കരഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ ആ ബോധത്തിലാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ശരീരങ്ങളിലേക്ക് സൂക്ഷ്മ ശരീരങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമുള്ള ശരീരത്തിലേക്ക് അപ്രപാളിയിലെ ആ വികാരതീവ്രമായ ദർശനം കടന്നു കയറുമ്പോൾ ആ രോഗവും അതിൻ്റെ അറിവും നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെ പിടിച്ചടക്കിക്കഴിഞ്ഞില്ലേ ഈ ഭാവങ്ങളൊക്കെ കൊടുത്താൽ ആരംഭിച്ചുള്ളൂ അറിവ് കൂടെ ചെന്നാൽ മരുന്നിനൊപ്പം ഈ അറിവൊക്കെ ചെല്ലുമ്പോൾ വെറും ഒരു അബ്രപാളിയിലെ ഒരു സീനിൽ നിന്ന് നിങ്ങൾക്ക് വേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുനീർ വരണമെങ്കിൽ വോളന്റിയും ഇൻവോളറിയുമായ ഗ്രന്ഥികൾ പ്രവർത്തിക്കണമെങ്കിൽ വോളൻറ്ററി ആക്ഷൻ്റെയും ഇൻവോളറി ആക്ഷൻ്റെയും നൂറായിരം ഭാവതലങ്ങൾ നിങ്ങളുടെ സെൻസോറിയത്തിലെയും ന്യൂറോണിയത്തിലെയും മോട്ടോറിയത്തിലെയും രംഗവേദികളിൽ ചാലക ശക്തികളായി രൂപാന്തരപ്പെടണമെങ്കിൽ അറുപതുകളിലെ സിനിമകൾക്ക് ഇന്നത്തെ ക്യാൻസറുകളിലേക്ക് ആവാഹിച്ച മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് പങ്കുണ്ടാകുമോ അതിൽ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ച നടീനടന്മാർ ഈ രോഗത്തിനടിപ്പെട്ടിരുന്നുവോ അത് കണ്ട് കരഞ്ഞവരാണോ ഇന്ന് രോഗവുമായി അലയുന്നത് അതിനു വീടുകളിൽ മുറുക്കാനും മുറുക്കാൻ ചെല്ലുവും ഉണ്ടായിട്ടും പുകല കഴിച്ചിട്ടും ഇത്രയും ഒക്കെ ഉണ്ടായോ ക്യാൻസറോജനിക് സബ്സ്റ്റൻസുകളുടെ നടുക്ക് ജീവിക്കുമ്പോഴും എല്ലാവരെയും ക്യാൻസർ ബാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യ മസ്തിഷ്കത്തെയും ഹോർമോണുകളെയും എൻസൈമുകളെയും സ്വപ്നങ്ങളെയും സൂക്ഷ്മ ശരീരത്തെയും ഒക്കെ മാറ്റിവെച്ച് ജാഗ്രത്തിലെ ദൃശ്യപ്രപഞ്ചത്തെ മാത്രം അഴിച്ചും അപഗ്രതിച്ചും ടെസ്റ്റ് സൃഷ്ടിച്ചും പഠിച്ച ശാസ്ത്രത്തിന്റെ അന്തസാരഹീനമായ പഠനങ്ങൾക്ക് എന്തു വില ഇങ്ങനെ അങ്ങോട്ട് കുറേ ഇതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാൻ പറയുമോ നിങ്ങൾ സംഘർഷത്തിൽ നിന്ന് സംഘർഷത്തിലേക്ക് വീഴും കാരണം നിങ്ങൾ അറിവുള്ളവരാണ് ഒരുപാട് പഠിച്ചതാണ് പഠിപ്പിന്റെ അഭിമാനമായ അക്ഷരക്കൂട്ടങ്ങൾ നിങ്ങളുടെ പേരിനൊപ്പം ഉണ്ട് അപ്പോൾ പൂർവന്മാർ എന്ത് കാണണം എന്ത് കാണരുത് എന്തു പറയണം എന്തു പറയരുത് എന്ന് പറഞ്ഞതിനൊക്കെ ഈ തരുണത്തിൽ പ്രസക്തി ഉണ്ടാകുന്നു അവർക്ക് വിവരമില്ല നിങ്ങൾ കാശു കൊടുത്ത് ദുഃഖം കാണാനും ദുഃഖം അനുഭവിക്കാനും ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ നെടുവീളം ഉണ്ടാക്കാനും ആ പോയി ശരിയല്ല ശരിയല്ല എ സിക്ക് ടിക്കറ്റ് എടുത്ത് സിനിമാ കൊട്ടകത്ത് പോയിരുന്ന് കെ സിയിൽ വാർത്ത് ആ ദുഃഖവും ഏറ്റുവാങ്ങി ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ഇന്നലെ കണ്ട ഒരു സീരിയലിൽ ആ സീരിയലിലെ ഒരു കഥാപാത്രമായ പുരുഷൻ ഒരു സ്ത്രീയെ വഞ്ചിക്കുമ്പോൾ അതിലെ കഥാപാത്രമായൊരു സ്ത്രീ പുരുഷനെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയായും ഭർത്താവായും ഇരുന്ന് കാണുന്നവർ നാളെ നിങ്ങളുടെ ജീവിതത്തെയാണോ അനുഭവത്തിൽ കാണുക അതിനെയാണോ അനുഭവത്തിൽ കാണുക ഞാൻ ആദ്യം പറഞ്ഞ മനസ്സിലാകാത്ത ചില പുളവന്മാര് ഇത് അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അടുത്തത് തരാം ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല സീരിയലിനകത്തൊരു സ്ത്രീ ഒരു പുരുഷനെ വജിക്കുന്നത് കണ്ട് ഭാര്യയും ഭർത്താവും ഇരുന്ന് കണ്ട സീരിയൽ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് പൊട്ടിയോ ഇന്നുള്ള സ്ത്രീ എല്ലാം പോക്കാണ് നീ ആ സീരിയലിൽ കണ്ടില്ലേ എന്ന് ചോദിക്കുവോ ഇല്ല ഏ ചോദിക്കും ഇപ്പുറത്തു നിന്ന് ഇനി ഇപ്പുറത്തുനിന്ന് ഉത്തരം വന്നാൽ മതി സീരിയലെ കണ്ടിട്ട് ഒരു പുരുഷൻ സ്ത്രീയെ വഞ്ചിക്കുകയും ഉപദ്രവിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തത് കണ്ട ഭാര്യ ഭർത്താവിനോട് നിങ്ങൾ അല്ലെങ്കിലും പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണ് ആ അതിനകത്ത് കണ്ടില്ലേ അതുപോലെ നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുവോ ഏ കാണാതെ തന്നെ പറയും അതൊക്കെ രണ്ടു തൈടുമായി അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല അവർക്കു വേണ്ടിയാണ് പകലന്തിയോളം പണിയെടുക്കുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല നിങ്ങൾ വരുന്നതും കാത്താണ് ആഹാരവും പാചകം ചെയ്ത് കാത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ തനതായ അനുഭവങ്ങൾ മുൻപിലുണ്ടായിട്ട് നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ നിങ്ങളുടെ അയൽപക്കക്കാരുടെ മുഴുവൻ ജീവിതാനുഭവങ്ങളും മുന്നിലുണ്ടായിരിക്കെ ഈ അനുഭവത്തെ നിഷേധിക്കാൻ അപ്രപാളിയിലെ ചിത്രത്തെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു സൂക്ഷ്മ ശരീരവുമായാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ സൂക്ഷ്മ ശരീരം രോഗാതുരമല്ലേ അവിടുന്ന രോഗം അവിടുന്ന കോശവിഭജനത്തിൻ്റെയും കോശാന്തര പ്രകൃതിയുടെയും കോശകലനത്തിൻ്റെയും ഒക്കെ സംഹീതമായ രംഗങ്ങളുണ്ടാകും അതിനെ പോഷിപ്പിച്ചും വളർത്തിയുമാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ കാശു കൊടുത്താണ് ഇതെല്ലാം വാങ്ങുന്നത് നൂറ്റൻപത് രൂപ മാസം എണ്ണിക്കൊടുത്ത് ചാനൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയിരുന്നത് കണ്ട് ദുഃഖിച്ച് രോഗികളായിത്തീരാൻ വിധിക്കപ്പെട്ട നിങ്ങളെ ഇനി ആർക്കാണ് രക്ഷിക്കാൻ പറ്റുക ചാനലുകൊണ്ട് രക്ഷിക്കും ചാനൽ ഉണ്ടാക്കിയാൽ ഇതെല്ലാം ഈ ഫോമുല എല്ലാം വേണം അത് ആധ്യാത്മിക ചാനലായാലും വിപ്ലവ ചാനലായാലും ഫോമുല ഒന്നാണ് അമ് അയ ആ ഇനിയിപ്പോൾ അയ്യരോർക്കുന്നത് ഞാനും അയ്യനും കൂടെ ചേർന്ന് ഇത് ഇതിന് പരസ്യ പിന്നെ അയ്യരിൻ്റെ പ്രോഗ്രാം ഓഫീസർ ഞാൻ ഇതിന്റെ മാനേജിങ് എന്താ പറയാ എം ഡിയുമായിട്ടൊരു ചാനൽ അതിൽ ഇതിനേക്കാൾ തട്ടുപൊളിപ്പൻ പരിപാടിയുണ്ടായിരിക്കും ജനങ്ങളെ രോഗികളാക്കുന്നത് കാരണം ഇതിന്റെ ഫോമുല ഒന്നാണ് നോ എക്സെപ്ഷൻ ടു ദിസ് റൂൾ കാരണം ഇവിടെ മനഃശാസ്ത്രത്തിനല്ല പ്രസക്തി മാനവശാസ്ത്രത്തിനും അല്ല പ്രസക്തി മസാല പ്രസക്തി ശരിയല്ല അതുകൊണ്ട് പേര് നിങ്ങൾ ചാനലിനെതിട്ടാലും ചാനൽ ഏതായാലും മനുഷ്യൻ നശിച്ചാൽ മതി സാങ്കേതികതയിൽ എഫ് സി ഡി സി എന്നാണ് പറയാ വർഗ സംബന്ധിയും ിയും കോശസംബന്ധിയുമായി ഒരു കോശത്തിലെങ്ങനെ ഒരു അവയവത്തിലെങ്ങനെ ഒരു വ്യക്തിയിലെങ്ങനെ ഒരു വർഗത്തിലെങ്ങനെ ഇങ്ങനെ നോക്കിക്കണ്ടാൽ ആ സംബന്ധിയുമായി തന്നിൽ തന്നെ നിഹിതമായ ബിസ്റ്റിൻ വളരെ കാലമായി നമ്മിൽ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദരിസ് എ ബിൽഫിനോമിനൻ അല്ലെങ്കിൽ സൈറ്റൊ ബിഹേവിയർ ബിൽ സൈറ്റോ ബിഹേവിയർ നമ്മിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കോശ സ്വഭാവം ഒരു കോശാന്തര സ്വഭാവം വർഗത്തിൻ്റെയും വ്യക്തിയുടെയും അവയവത്തിൻ്റെയും കോശത്തിൻ്റെയും ആയുസ്സിനെ നിർണ്ണയിക്കുന്നതിൽ അതായത് മുമ്പ് പറഞ്ഞത് ഒരു കോശത്തിൻ്റെ ആയുസ് എത്രയാണ് പല കോശങ്ങൾക്കും പല ആയുസ് ലിബർക്കൻ്റെ ആയുസ് അഞ്ച് ദിവസമാണ് ചെറുകുടലിനകത്തെ ലിബർക്കൻ എന്ന കോശത്തിന് അഞ്ചു ദിവസത്തെ ആയുസ്സേ ഉള്ളൂ എന്നാൽ മരണമില്ലാത്ത കോശങ്ങളുണ്ട് അവസാനം പോകുമ്പോഴേ പോകണു എന്നുള്ളവ ഉത്തരായണം കാത്തു കിടക്കുന്നവ നമ്മുടെ ഭീഷ്മ കോശങ്ങൾ അവൻ സ്വച്ഛന്ത വൃത്തിവാണ് ദേവവ്രതനാണ് അത്തരം കോശങ്ങളുണ്ട് ഉണ്ടായാൽ മരിക്കുവോളം ഒരിക്കൽ മരിച്ചാൽ പിന്നെ ഉണരാത്തവ റീജനറേഷൻ ഇല്ലാത്തവ റിജനേഷൻ ഇല്ലാത്തവ അവയും പ്രാചീന വൈദിക സംസ്കൃതിയും ആയുർവേദവും വെച്ച് റിജ്വനേഷൻ ഉള്ളവയാണെന്നാണ് പറയുന്നത് നിസ്സാരമാണ് അതിനെ ഋജ്വനേറ്റ് ചെയ്യിപ്പിക്കാനാണ് എലി പിടിക്കാൻ വരുന്നവരെ കണ്ടിട്ടുണ്ടോ എലി പിടിക്കാൻ വേണ്ടി ഇല്ല നിങ്ങളുടെ കുട്ടിക്കാലതൊക്കെ വീട്ടിലെ കപ്പക്കിടയിൽ നിന്ന് എലി പിടിക്കാനായിട്ട് വരുന്നവരെ കണ്ടിട്ടുണ്ടോ ഒരു ഭാര്യ ചാക്കുമൊക്കെ ആയിട്ട് ഇല്ല നിങ്ങൾ അവനെ വിളിക്കുന്നൊരു പേരുണ്ട് നാടിയാൻ കേട്ടിട്ടുണ്ടോ ഇല്ല ഈ നാട്ടിൽ അങ്ങനെയാണോ അറിയാം അതല്ല നാടിയാൻ ആ നിങ്ങൾ പറയും പക്ഷേ നാടി എന്നുള്ളതിനർത്ഥം വേറെയാ കാരണം നിങ്ങളുടെ നാഡിവിജ്ഞാനം മുഴുവൻ അറിയുന്നവർ അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവൻ വീട്ടിൽ വരുമ്പോൾ കുടലും അറിഞ്ഞ പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കാലയിലും മറ്റും പിടിച്ചെന്ന് വലിച്ചാൽ മതി അപ്പോഴാ രോഗം നീങ്ങി ഇന്നത്തെ ഈ ഗ്യാസും കുഴപ്പമൊക്കെ അവൻ ചെല്ലത് നെക്കിയാൽ മതി അവൻ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ മുഖത്ത് ഇങ്ങനെ വായിന്ന് വെള്ളം ഒലിപ്പിച്ചൊരു കൊച്ചിരിപ്പുണ്ടെങ്കിൽ വായി ഇങ്ങനെ ഇച്ചിച്ച് വീണുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു തലയിൽ വായി ഇച്ചിച്ച് ഒരു കൊച്ചുണ്ടെങ്കിൽ അവൻ ഒറ്റ നേട്ടത്തിൽ പറയുന്നു തമ്പ്ര അതിൻ്റെ തലയ്ക്ക് കേടാകുന്നുള്ളൂ അവൻ സെൻസോറിയോ ന്യൂറോണിയോ മോട്ടോറിയോ ഒന്നും പഠിച്ചിട്ടില്ല അവൻ തല ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല തമ്പ്ര അതിൻ്റെ തലയ്ക്ക് കേടാം തമ്പ്ര ചെന്ന് ഒരു നാല് ഞൌണിക്കാ ചുട്ട് കൊടുക്കാത്ത ഒത്തിന കേട്ടിട്ടില്ല ഞിക്കുന്ന കേട്ടിട്ടില്ല ഞൌഞ്ഞി ഞിക്ക അത് ചുട്ട് അല്ലെങ്കിൽ അവൻ തന്നെ പോയി ഒരു ഞണിക്കാ പിടിച്ചോണ്ടെന്ന് അതിൻ്റെ വാപ്പൊടിച്ച് ഉപ്പിട്ട് ഫ്രഷ് വാട്ടർ സ്നേലാണ് ഉപ്പിട്ടാൽ എന്ത് സംഭവിക്കും എന്റെ വാ വിളിച്ച് ഉപ്പിട്ടാൽ എന്ത് സംഭവിക്കും അറിയാവുന്നത് കറക്കിക്കുത്തി പരീക്ഷ എഴുതിയ നമ്പര് നമ്മളടയ്ക്ക് ഏ രീതി ഒന്നും ഞാൻ തന്നില്ല സ്നേയിലാണ് അത് അലിഞ്ഞു പോകും ഒരു വെള്ളമായിട്ട് പാത്രത്തിലേക്ക് പോയി വീട്ടിൽ വരുന്ന കൊച്ചൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പുമായിട്ട് ഹൈലി റിയാക്റ്റീവാണ് ഒരു തരി ഉപ്പിട്ടാൽ ഒരു വെള്ളമായി വീഴും ആ വെള്ളം അതിൻ്റെ നാടിൽ തൊട്ട് അവൻ തന്നെ അപ്പോഴാ വെള്ളം വരവ് അതിന്റെ തല നിൽക്കും അട്രോപ്പി എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞ് നല്ല തലയൊക്കെ നേരെ പിടിക്കാൻ തുടങ്ങും കേട്ടിട്ടില്ല പറ്റിയില്ലെങ്കിൽ അവൻ പിടിച്ചുകൊണ്ട് എലിയുടെ കുഞ്ഞിനെ ഒരു മരുന്നാക്കി അവൻ കൊണ്ട് തരും തമ്പ്രാൻ പറയും ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് ഇന്ന് സാരമില്ല തമ്പ്ര ഇത് വെജിറ്റേറിയനാണ് കാരണം ഇത് ഒരു മാംസവും കഴിച്ചിട്ടുള്ളതല്ല തമ്പ്രാൻ്റെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങ് മത്തി തിന്നുന്ന തെങ്ങാണ് തമ്പ്രാൻ കഴിഞ്ഞ വർഷമാണ് അതിന് മത്തി ഇടുന്ന അടിയൻ കണ്ടതാണ് അതുകൊണ്ട് അതിലെ തേങ്ങാകെ കുറച്ച് കൂട്ടുമ്പോൾ തമ്പ്രാൻ മത്തി കൂട്ടിയില്ലെങ്കിലും തേങ്ങാ കൂട്ടിയല്ലോ ഇതാകട്ടെ വെജിറ്റേറിയൻ മാത്രം കഴിച്ചതാണ് എന്നവൻ കളിയാക്കി പറയും അതൊന്നും കേട്ടിട്ടില്ല എന്നത് ഭാഗ്യദൂഷി സമയം ഒരുപാട് അഞ്ചുപത്തു മിനിറ്റ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ടുപേരും നോട്ടിരുന്നു കാരണം അവരൊക്കെ ഈ നോണമെന്നിരിക്കുന്നു അപ്പൊ കോശവിഭജനത്തിന്റെ നിശ്ചയാത്മക സ്വഭാവം വർഗസംബന്ധിയും വ്യക്തിസമ്പന്ധിയും കോശ സംബന്ധിയുമായി വ്യക്തിയുടെയും കോശത്തിൻ്റെയും ആയുസിനെ നിർണയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കു ഓരോ കോശത്തിനും ഇത്ര ആയുസ് ഉണ്ടെന്നുണ്ട് അത് മരിക്കുക ആ കോശം അങ്ങനെ കോശത്തിൽ വരുന്ന പരിണാമങ്ങൾ ആയതൊരു വർഗത്തിൻ്റെ ആയുസ്സും അതിലെ ഒരു വ്യക്തിയുടെ ആയുസ്സും ഒരവയവത്തിൻ്റെ ആയുസ്സും അതേപോലെ തന്നെ ഒരു കോശത്തിന്റെ ആയുസ്സും നിർണയിക്കുന്നതിൽ അങ്ങനെയെങ്കിൽ വളർച്ചയും പരിണാമവും വിനാശവും അർബുദവുമെല്ലാം ഈ വെളിച്ചത്തിൽ പഠിക്കേണ്ടതാണ് ഈ പഠനമാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ അർബുദം എന്ന് പറയുന്ന ഒരു രോഗവും ഒന്നു മട്ടിലല്ല ഇതൊരു വളരെ നേരത്തെ വരുന്നൊരു പ്രായമാകലാണ് അതിൽ നിന്നാണ് മോചനം നേടേണ്ടത് അതിന് ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന കോശത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന അവയവത്തിന്റെ ആയുസ്സിനെ നീട്ടാൻ പറ്റിയ ഒരവയവത്തിന് വാർദ്ധക്യം വരുമ്പോൾ അടുത്തുള്ള അവയവത്തിലേക്ക് വാർദ്ധക്യ ഇല്ലാതാക്കാൻ പറ്റിയ ഭർത്താവിന് നരച്ചു ഭാര്യ നരച്ചില്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യം വരാൻ തുടങ്ങി ഭാര്യക്കിടക്കിടയ്ക്ക് ഓരോ നര വന്നു ആദ്യം രണ്ടുമൂന്ന് ദിവസം കണ്ണാടി നോക്കി പറിച്ചു പ്രായമാവുകയാണ് യാളോ അങ്ങ് ചെറുപ്പക്കാരനായിട്ട് ചെയ്യാം ശരിയല്ല അസ്വസ്ഥത കൂടും മനുഷ്യ നിങ്ങളെ കണ്ട ഓരോ ദിവസവും ചെല്ലുമ്പോഴും അങ്ങ് ചെറുപ്പക്കാരനാകുവാണല്ലോ എനിക്കൊരു സ്വസ്ഥതയില്ല നിങ്ങൾ ഇവിടെ നിറങ്ങി പോകും ശരിയല്ല വർഗസ്വഭാവം ഇങ്ങനെ ഇല്ല ശരിയല്ല പക്ഷെ നല്ല കാണിക്കാറില്ല പക്ഷെ ഇവരുള്ള ഒന്നോക്കിയാൽ കാണും ചോട്ടിൽ പ്രായമറിയാൻ ചോട്ട് നോക്കണം അത് പറഞ്ഞു മനസിലായില്ല ഏ സാധാരണഗതിയിൽ മോള് നരച്ചിട്ടാണ് ചോടിന്റെ കിറപ്പ് മാറുന്നത് പക്ഷെ ഇന്നുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ചോട് നിറം നരച്ചിട്ടാണ് മോള് കറക്കുന്നത് അപ്പൊ നോക്കിയാൽ അറിയാം ഒരു വെള്ളിരേഖ അടിയിൽ കാണാം അതുവരെ മനസിലായിട്ടില്ല ഞാനതുകൊണ്ടല്ലേ ഈ എല്ലാ ദിവസവും ഈ ഡൈ ഈ പല്ല് കേൾക്കുന്ന പ്രഷുവായിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചല്ലേ ഞാനിതിങ്ങനെ നേരത്തെ അടിയെ കളയുന്നത് മനസ്സിലായില്ല പരീക്ഷിച്ച് നോക്കാവുന്ന അല്ലെങ്കിൽ രാവിലെ എത്ര മണിക്കൂറായി പ്രസുവായിട്ട് ഇരിക്കേണ്ടത് വലിയ പാടല്ലേ പല്ല് കേൾക്കേണ്ടതെല്ലാം തലമുടി എത്തിയിപ്പിക്കാൻ തുടങ്ങിയാൽ അതുകൊണ്ട് ഭർത്താവ് നല്ല ചെറുപ്പക്കാരനെ പോലെ കയറ്റി ഭാര്യയ്ക്ക് നരവരികയും ചെയ്താൽ അസ്വസ്ഥത കൂടും ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും സഹമയ്യാത്തൊരു അസ്വസ്ഥത വരും ഇതുപോലെ അവയവത്തിനുമുണ്ട് ഒരവയവത്തിന്റെ ആയുസ് കുറയുമ്പോൾ അത് അടുത്ത അവയവത്തിലേക്ക് ബോധരൂപേണ കയറാൻ തുടങ്ങും അർബുദത്തിന്റെയും മറ്റും ലോകങ്ങൾ അവിടെയാണ് അർബുദം സെക്കൻഡറീസ്നെയൊക്കെ വെച്ച് പഠിച്ചാൽ അതുകൊണ്ട് ബഹു ജീവിയായ മനുഷ്യന്റെ എണ്ണമറ്റ ജൈവപ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന വിധത്തിൽ കോശങ്ങളും കോശാന്തര സ്വഭാവങ്ങളും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ കോശവിഭജന പ്രക്രിയയുടെ നിശ്ചിന്തനങ്ങളും അർബുദം തുടങ്ങിയ പരിണാമങ്ങളും ശരിയായി അറിയുന്നതിന് കോശപഠനങ്ങളും കോശവിഭജനങ്ങളും സഹായകമാണ് ഓരോ കോശത്തിനും വളർച്ചയ്ക്ക് സഹായകങ്ങളായ അറിവ് അതിൽ തന്നെ നിഹിതമായിരിക്കുന്നു അന്തർനിഷ്ടമായ ഈ സ്വഭാവ സവിശേഷതയിലേക്ക് കലയും കാര്യവും എല്ലാമായി നാം അറിവിലൂടെ സന്നിവേശിപ്പിക്കുന്ന ഇടപാടുകൾ വൈയക്തികവും സാമൂഹികവുമായ കൈകാര്യങ്ങൾ മനുഷ്യ സങ്കല്പ സൃഷ്ടങ്ങളായ വെളിപാടുകൾ മതം ജാതി വർണ്ണം വർഗം ആശ്രമ ആചാരങ്ങൾ വർണ്ണ വിവേചനങ്ങൾ എല്ലാം സന്തോഷത്തിനു പകരം സാമൂഹികവുമായ ഒട്ടനേകം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുവോ എന്ന് അന്വേഷിക്കേണ്ടതാണ് ഇതെല്ലാം വച്ച് വിപുലമായി വേണം അർബുദത്തെ പഠിക്കാൻ അല്ലാതെ ചുമ്മാ എന്നൊരു രോഗം എന്ന് പറഞ്ഞ് കണ്ട് ഏതെങ്കിലും രോഗം മരുന്ന് കണ്ടുപിടിക്കാൻ കുറെ വെള്ളരിയും കിരിപ്പന്നിയും കൂടെ പൊന്നുകൂട്ടി അതിൽ നിന്ന് കുറെ മരുന്ന് കുറെ കാലം വിറ്റ് ഈ മരുന്ന് പ്രയോജനപ്രദം അല്ലാന്ന് പറയുമ്പോഴേക്ക് നൂറ് പേർക്ക് വേറെ നൂറ് രോഗങ്ങളും കൊടുത്ത് ഈ മരുന്ന് പിൻവലിച്ച് പിന്നെയും വേറെ നൂറ് മരുന്ന് അഡ്വെർടൈസ്മെന്റ് കൊടുത്ത് നടത്തി ലോകത്തെ അസ്വസ്ഥതയിൽ നിന്ന് അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തങ്ങളുടെ രോഗങ്ങളെ താനിരിക്കുന്ന മുറിക്കുള്ളിൽ നിന്ന് തൻ്റെ കോശങ്ങളെയും കോശാന്തര വ്യാപാരങ്ങളെയും വെച്ച് പഠിച്ച് അതിനെ അജിരേണ അതിൻ്റെ പ്രായസംബന്ധിയായ വികാസപരിണാമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ പക്വമായ ഒരു അറിവ് ഇന്ന് നമുക്ക് അനിവാര്യമാണ് അതാണ് ലോകം ഡിമാൻഡ് ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം ഇത്രയൊക്കെ വിപൂലമായി പോണോ ശരി എങ്കിൽ അങ്ങനെ അടിക്കണം നരഹരണം നമസ്കൃഷ് നരം ജൈവ നരോത്തമം സരസ്വതി വ്യാസം തടുകയും